അപ്പോൾ നബ്സൊല്ലാഹു അലി വസ്ലമ ജനിച്ച ഡേറ്റ് അത് എന്നാണ് എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ പ്രസിദ്ധമായ അഭിപ്രായം നബിസല്ലാഹു അലി വസ്സല്ലത് റബി ഉൽ അവ്വൽ പന്ത്രണ്ടിനാണ് എന്ന അതേ ദിവസം തന്നെയാണ് റസൂൾ വഫാത്തായത് റബി ഉള്ളഅൽ പന്ത്രണ്ടിന് അപ്പോൾ നബിസുല്ലാഹു അലി വസ്ല്ലം ജനിച്ചു എന്ന അഭിപ്രായങ്ങളിൽ വളരെ പ്രബലമായ അല്ലെങ്കിൽ പ്രസിദ്ധമായ അഭിപ്രായങ്ങളിൽ ഒന്നാണ് റബി ഉള്ളവൽ പന്ത്രണ്ട് എന്നാൽ ചില പണ്ഡിതന്മാർ മുൻഗണന നൽകിയ അഭിപ്രായം റബി അള്ളവൽ എട്ടാണ് എന്നാണ് വേറെ അഭിപ്രായം പറഞ്ഞ ആളുകളുമുണ്ട് ഇരിക്കട്ടെ റബി അവൽ പന്ത്രണ്ട് എന്ന അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ പ്രസിദ്ധമായ അഭിപ്രായങ്ങളിൽ ഒന്നാണ് മാത്രമല്ല അതിൽ വലിയൊരു തെളിവുള്ളത് ഇസ്ലാമിലെ ഏത് അഴിബാദത്തുകൾ നോക്കും നിങ്ങൾ മഹറത്തിലെ നോമ്പ് നോക്കേണ്ടത് മഹറം പത്തിനാണ് അഭിപ്രായ വ്യത്യാസം ഇല്ല എല്ലാവർക്കും അറിയാം ിലെ നോമ്പുകൾ എന്നാൽ അഭിപ്രായ വ്യത്യാസമില്ല തിങ്കളും വ്യാഴവും നോമ്പ് നോക്കേണ്ടത് അഭിപ്രായ വ്യത്യാസമില്ല അയ്യാമുൽ ബീദറിന്റെ നോമ്പ് എന്നാണ് അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ ഈ ആളുകൾ അവരുടെ വർഷത്തിലെ പ്രധാനപ്പെട്ട ഇബാദത്തുകൾ എന്ന് എന്ന രൂപത്തിൽ അവർ കൊണ്ടാടുന്ന നിബിദിനം എന്ന ആഘോഷം അത് കൊണ്ടാടുന്ന ദിവസം ഏതാണ് എന്നതിൽ പണ്ഡിതന്മാർക്ക് കടുത്ത അഭിപ്രായ നമ്മുടെ ദീനാകട്ടെ എല്ലാം കൃത്യമായി വിശദീകരിക്കപ്പെട്ട ദീനാണ് എങ്ങനെയാണ് അള്ളാഹു സുഹാൻആാലയുടെ ദീനിൽ ഇത്ര പ്രാധാന്യത്തോടുകൂടി ഇവർ കൊണ്ടാടുന്ന ഒരു അഭിബാദത്ത് അതിനെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങൾ ഇല്ലാതെ പോവുക അത് ചിന്തിച്ചാൽ തന്നെ ഇത് ബിദാറ്റാണ് എന്ന കാര്യം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരി അപ്പോൾ നബിസൊല്ലാഹു അലി വസ്ല്ലം തിങ്കളാഴ്ച ജനിച്ചു എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല റബിയുടെ ലൗല പന്ത്രണ്ടിനാണ് എന്നതാണ് ബഹുഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം അതോടൊപ്പം നബിസൊല്ലാഹു അലി വസ്ല്ലം ജനിച്ചത് ആമുൽഫീലുഫീൽ എന്ന് പറഞ്ഞാൽ ആനക്കലഹം സംഭവിച്ച വർഷം ആനക്കലഹം അബ്രഹത്തും കൂട്ടരും വേണ്ടി പുറപ്പെടുകയും അള്ളാഹു സുബാനഹുഅലയുടെ ശിക്ഷ ഇറങ്ങുകയും ചെയ്ത സംഭവം സൂറത്തുൽ അള്ളാഹു സുബാനഹുഅല അറിയിച്ച ആ സംഭവം അത് സംഭവിച്ച വർഷമാണ് നബിസല്ലാഹു അലഹു വസല്ലം ജനിച്ചത് എന്നത് ഇമാം അഹമ്മദ് ഉദ്ധരിച്ച മുസ്ലദം ഉദ്ധരിച്ച ചില ഹദീസുകളിൽ അതിനെ ബലപ്പെടുത്തുന്ന സംഭവങ്ങൾ വന്നിട്ടുണ്ട് ശരി റസൂൽഹു അലഹു വസല്ലം ജനിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അവിടുന്ന് ജനിച്ചത് പ്രധാനമായും രണ്ട് അടയാളങ്ങൾ നബിസൊല്ലാഹു അലഹി വസല്ലമ്മയുടെ ജനന സമയത്ത് ഉണ്ടായതായി സഹിഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതിൽ ഒന്ന് നബിസ്വല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ ഗർഭം ചുമന്നപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ഉമ്മ ഒരു സ്വപ്നം കണ്ടു അല്ലെങ്കിൽ ഒരു കാഴ്ച കണ്ടു അത് ഇപ്രകാരമാണ് ഹദീസ് സഹിഹായി വന്നതാൻ നബിസൊല്ലാഹു അലി വസ്ല്ലം പറഞ്ഞു സന്ദർഭത്തിൽ എന്താണ് അവർ കണ്ടത് അവിടുത്തെ ഉമ്മയിൽ നിന്ന് അവിടുത്തെ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് ഒരു പ്രകാശം പുറത്തേക്ക് വന്നു ശ്യാമിലെ കൊട്ടാരങ്ങൾ ആ പ്രകാശത്തിന്റെ തിളക്കത്തിൽ പ്രകാശിക്കുന്നതായി അവരുടെ ഉമ്മ നബിസല്ലാഹു അലൈഹി വസ്ല്ലമയെ പ്രസവിക്കുന്ന വേളയിൽ കാണുകയുണ്ടായി ചില ആളുകൾ പറഞ്ഞു സ്വപ്നത്തിലാണ് ചില ആളുകൾ പറഞ്ഞു പ്രസവിക്കുന്ന വേളയിലാണ് ഹദീസിന്റെ ലഫ്തുകൾ വ്യത്യസ്തമായി വന്നിട്ടുണ്ട് ശരി അപ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ല്ലം അവിടുത്തെ ഗർഭം ചുമന്ന വേളയിൽ അല്ലെങ്കിൽ അവിടുത്തെ പ്രസവിക്കുന്ന വേളയിൽ അവരുടെ ഉമ്മയുടെ ഉമ്മു അലൈഹി വസ്ല്ലം കണ്ടു എന്ത് അവിടുത്തെ അവരുടെ ശരീരത്തിൽ നിന്നൊരു പ്രകാശം പുറത്തേക്ക് വരികയും അത് ഷ്യാമിലെ കൊട്ടാരങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്തു ചില പണ്ഡിതന്മാർ പറഞ്ഞു നബിസല്ലാഹു അലി വസ്ല്ലം അവിടുത്തെ ദീൻ അവസാന കാലഘട്ടത്തിൽ ശ്യാമിൽ അടിയുറച്ചുണ്ടാകും എന്നതിലേക്കുള്ള സൂചനകൾ ഈ ഹദീസിലുണ്ട് അസേന്റെ ഹദീസുകളിൽ വന്നതായി കാണാം ശ്യാം സെറിയ അന്ത്യനാൾ അവസാനിക്കുന്ന അന്ത്യനാൾ അടുക്കുന്ന സന്ദർഭങ്ങളിൽ ശ്യാമിലായിരിക്കും അള്ളാഹു സുഹാന ദീൻ ഉറച്ചു നിൽക്കുക എന്നത് പ്രസോയുടെ ഹജീസുകളിൽ വന്നതായി കാണാം എന്നാൽ അതിനു മുൻപ് അത് സംഭവിക്കുന്നതിനു മുൻപ് ഷ്യാമിൽ കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും കടുത്ത പ്രയാസങ്ങൾ യുദ്ധങ്ങളും പരീക്ഷണങ്ങളും അത് ഏറ്റവും ശക്തമായി കടുത്തു നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ശ്യാമൻ അന്ത്യനാളിന്റെ അടയാളങ്ങൾ പറഞ്ഞ പല ഹദീസുകളിലും അത് കാണാൻ സാധിക്കും ശ്യാമുമായി ബന്ധപ്പെട്ട ഹജീസുകൾ ശരി അപ്പോൾ ഇസ്ലാം അതിന്റെ അവസാന സന്ദർഭത്തിൽ ഉറച്ചു നിൽക്കും എന്നതിന്റെ സൂചനകളിൽ ഒന്നാണ് ഈ സ്വപ്നം എന്ന് ചില പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞതായി കാണാൻ സാധിക്കും അത് ഒരു അടയാളമായിരുന്നു രണ്ട് നബിസല്ലാഹു അലൈഹി വസ്ല്ല ജനിച്ച ദിവസം ഹസ്സാൻബുസാബിറ്റ് റദിയൻ റസൂൽഅള്ളയുടെ സഹാബിമാരിൽ അവിടുത്തെ കവി എന്നറിയപ്പെട്ട റസൂൾ കവിയാണ് എന്നറിയപ്പെട്ട സഹാബിയാണ് ഹസ്സാൻ അബ് ഹുസാബിറ്റ് മുഷിരിക്കുകൾ അവർ വസൂള്ളതയെ പരിഹസിച്ച് കവിതയുണ്ടാക്കിയാൽ അതിന് മറുപടിയായി കവിത രചിച്ചിരുന്നത് ഹസാൻ അബ് നസാബിറ്റ് ആണ് റബി അള്ളാഹുഅ അദ്ദേഹം പറഞ്ഞതായി കാണാം ഞാൻ പ്രായപൂർത്തിയാകുന്ന വേളയിൽ ചെറിയ കുട്ടിയായിട്ടുണ്ട് പ്രായപൂർത്തിയാകാൻ അടുത്ത സന്ദർഭത്തിൽ എനിക്ക് ബുദ്ധിയുള്ള സന്ദർഭത്തിൽ ഞാൻ നബിസാഹു അലൈഹു വസല്ലം ജനിച്ച വർഷത്തിൽ ആ ദിവസത്തിൽ യഹൂദരിൽപ്പെട്ട ഒരാൾ ഉയരമുള്ള ഒരു പ്രദേശത്ത് കയറി നിന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു അല്ലയോ യഹൂദരുടെ സമൂഹമേ അങ്ങനെ അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ യഹൂദികൾ അയാളുടെ അടുക്കലേക്ക് ഒരുമിച്ചുകൂടി അവർ ചോദിച്ചു എന്തിനാണ് നീ വിളിച്ചത് അപ്പോൾ അയാൾ പറഞ്ഞു അല്ലിതവേ ഈ രാത്രിയിൽ അഹ്മദ് എന്ന് പേരുള്ള നബി വരുമെന്ന് നമ്മോട് അറിയിച്ച അതിന്റെ അടയാളമായി കാണുന്ന നക്ഷത്രം ഇതാ ഉദിച്ചിരിക്കുന്നു യഹൂദർക്ക് ധാരാളക്കണക്കിന് അടയാളങ്ങൾ അലിഹി വസ്ലമയുടേതായി അവരുടെ തൗറാത്തിൽ ഇഞ്ചീലിൽ വന്നിട്ടുണ്ട് അതിൽ അവർക്ക് പറയപ്പെട്ട അടയാളങ്ങളിൽ ഒന്നായിരിക്കാം ഈ പറഞ്ഞ അടയാളം റസൂലാഹി സല്ലാഹു അലി വസ്ല്ലം ജനിക്കുന്ന ദിവസം യഹൂദർ അവരിലൊരാൾ കൂടി നിന്നുകൊ മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു യഹൂദ് അല്ലയോ യഹൂദികളുടെ സമൂഹമേ ഇത് ഇന്ന് രാത്രിയിൽ മഹമ്മദ് ജനിച്ചു എന്നതിന് അടയാളമായുള്ള നക്ഷത്രം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നസ്വറാനികൾ അവർ ഈ നബിയെ കാത്തിരിക്കുന്ന ആളുകളായിരുന്നു അവർക്കറിയായിരുന്നു ജസീറത്ത് അറബിലാണ് നബി വരാനുള്ളത് പക്ഷെ അവരെല്ലാവരും പ്രതീക്ഷിച്ചത് അവരുടെ കൂട്ടത്തിൽ നിന്നാണ് നബി വരുന്നത് ജൂതന്മാരത് പ്രതീക്ഷിച്ചിരുന്നു നസ്വറാനികളത് പ്രതീക്ഷിച്ചിരുന്നു മാത്രമല്ല മക്കാരുടെ അടുക്കൽ വരുന്ന സന്ദർഭത്തിൽ മദീനക്കാരുടെ അടുക്കൽ വരുന്ന സന്ദർഭത്തിൽ അവർ അറബികളെ പരിഹസിച്ചും അറബികളെ കളിയാക്കിയും കൊച്ചാക്കിയിട്ട് അവർ പറയുമായിരുന്നു ഞങ്ങൾക്കൊരു നബി വരാനുണ്ട് ആ നബി വന്നു കഴിഞ്ഞാൽ ലോകം ഒന്നാകെ കീഴടക്കും എന്ന് അവർ അന്ന് അഹങ്കാരം പറയുമായിരുന്നു പിൽക്കാലത്ത് അവർ ഇസ്ലാമിലേക്ക് വരാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നും ഈ അഹങ്കാരം പറിച്ചില്ലായിരുന്നു അവരാരെയാണോ കളിയാക്കിയത് അവരുടെ കൂട്ടത്തിലാണ് നബി പിന്നെ വന്നത് അതവർക്ക് വലിയ പ്രയാസമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി പല ആളുകളും അതുകൊണ്ട് നബിസ്ഹുഅലഹി വസ്ലമിൽ വിശ്വസിക്കാതെ പോയിട്ടുണ്ട് അറബികളുടെ കൂട്ടത്തിൽ വരുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതിന് കാരണങ്ങളിലൊന്ന് ചൌറാത്തിനുണ്ടായിരുന്ന തിരുത്തലുകൾ കൂടിയാണ് തൗറാത്തിൽ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ് മഹമ്മദ് നബി വരുക എന്ന് ചിലർ തിരുത്തിയിരുന്നു ഇസ്ഹാഖിനോടുള്ള അവരുടെ ഇഷ്ടം കാരണം കാരണം ബനു ഇസ്രായില ഇസ്ഹാഖിന്റെ പരമ്പരയിലാണ് ഇബ്രാഹിം നബിക്ക് രണ്ട് മക്കളാണ് ഇസ്മാലും ഇസ്ഹാപ്പും ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ് ബനു ഇസ്രായിലിന്റെ എല്ലാ നബിമാരും വന്നത് അപ്പോൾ എന്നാൽ അവസാനം വരുന്ന നബി ഇസ്മാലിന്റെ പരമ്പരയിലാണ് അത് അവർ തിരുത്തിവെച്ച കാര്യങ്ങളിൽ ഒന്നാണ് അപ്പൊ അവർ പ്രതീക്ഷിച്ചത് ഞങ്ങളുടെ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ നബി വരുമെന്നാണ് പക്ഷേ നബി വന്നപ്പോൾ അത് അറബികളുടെ കൂട്ടത്തിലാണ് വന്നത് അതവർക്ക് മാനസികമായ പ്രയാസമുണ്ടാക്കിയിരുന്നു ആ അസൂയ പലപ്പോഴും നബിയിൽ വിശ്വസിക്കാതിരിക്കാൻ അവർക്ക് കാരണമായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഖുർആൻ അള്ളാഹുസുഹാനു ആള് പറഞ്ഞത് എത്ര മനോഹരമായാണ് അള്ളാഹു പറഞ്ഞു സാഹു അലി വസ്ല്ലമേ മനസ്സിലായിട്ടുണ്ട് എങ്ങനെ അറിഫൂന അബ്നഅം സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അവർക്ക് മുഹമ്മദ് അറിയാം സാഹു അലി വസ്ല്ലം മക്കളെ അറിയാന്ന് പറഞ്ഞാൽ മോന് ഒരു മോനെക്കുറിച്ച് വാപ്പാക്ക് എത്ര അറിവുണ്ട് അതുപോലെ റസൂൾ കുറിച്ച് അവർക്കറിയാം പക്ഷെ അവർ വിശ്വസിച്ചില്ല ഇതിനേക്കാൾ കൂടുതൽ ഇനി എങ്ങനെയാ ഒരാൾക്ക് അറിയാം സ്വന്തം മകനെ കുറിച്ച് അറിയാന്നുള്ളത് ഏറ്റവും നല്ല അറിവായിരിക്കും അവന്റെ കാര്യം ഏറ്റവും നന്നായി അറിയുന്ന വാപ്പാക്കി സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അവർക്ക് മഹമ്മദ്ാഹുഅലമെ അറിയാം എന്ന് അള്ളാഹു സുബാനഹു വചാലറിയിച്ചതായി കാണാൻ സാധിക്കും എന്നാൽ റസൂൾ ഉള്ള ജനിക്കുന്ന സന്ദർഭത്തിൽ സംഭവിച്ചു എന്ന പേരിൽ ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായ കുറേ സംഭവങ്ങളുണ്ട് അതിൽ മിക്കതും കളവുകളാണ് പല ആളുകളും ഉണ്ടാക്കിയ മൗതു നമ്മുടെ നാട്ടിൽ ധാരാളമായി ചൊല്ലുന്ന മങ്കൂസ് മൌലൂദ് അതുപോലെ തന്നെ മറ്റ് മൌലീദുകൾ അവയിൽ ഇങ്ങനെയുള്ള ധാരാളം കള്ള കാണാം അതിൽ പെട്ടെന്നാണ് പ്രസിദ്ധമായൊരു കഥയാണ് റസൂൾ അള്ളാഹി സല്ലാഹലമെ ജനിച്ച ദിവസം കിസറയുടെ കൊട്ടാരം കുലുങ്ങിയെന്ന സംഭവം അതുപോലെ കിസ്രയുടെ കൊട്ടാരത്തിലെ ഉയരമുള്ള ഗോപുരങ്ങൾ തകർന്നടിഞ്ഞു എന്ന സംഭവം അതുപോലെ തന്നെ മജൂസികൾ ആരാധിച്ചിരുന്ന അവരുടെ തീ കെട്ടുപോയി എന്ന സംഭവം ഇതൊക്കെ സ്ഥിരപ്പെടാത്ത അല്ല ചിലതൊക്കെ കടുത്ത ദുർബലതയുള്ള ഹദീസുകളാണ് ചിലതൊക്കെ കെട്ടിച്ചമച്ച ഹതീസുകളാണ് സ്ഥിരപ്പെടാത്ത സംഭവങ്ങളാണ് ഈ പറഞ്ഞതൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാൽ സഹിഹാന് എന്ന് പറയപ്പെടാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഒന്ന് അവിടുത്തെ ഉമ്മ കണ്ട സ്വപ്നം രണ്ട് പിന്നെ ഹസാൻ അബിൻ ഹസ്ലാഹിത്തു അനഹു പറഞ്ഞ ഈ സംഭവം യഹൂദികൾ വസൂൽ അള്ളാഹി സല്ലാഹ് ജനിച്ച ദിവസം അവിടുത്തെ അടയാളമായി പ്രത്യക്ഷപ്പെട്ട നക്ഷത്രം കണ്ടു സംഭവം ശരി നബിസാഹു അലി ഹുസല്ലമ്മയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് റസൂളുള്ള ജനിച്ചത് ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിലാണ് എന്ന സംഭവം അത് ധാരാളമായി സുന്നികൾ ഹൊറാഫികൾ പറയാറുണ്ട് റസൂളുള്ള ജനിച്ചത് ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിലാണ് എന്നാൽ ഈ വിഷയത്തിൽ വന്ന ഒരു ഹരീസും സഹിഹായി വന്നിട്ടില്ല ധാരാളം ഹരീസുള്ള വിഷയത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ വൈഫാണ് എല്ലാം ദുർബലമാണ് എല്ലാം ദുർബലമാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇമാം അദ്ദേഹി റഹീമഅള്ളദ്ദേഹത്തെ പോലെയുള്ള അനേകം പണ്ഡിതന്മാർ ഈ പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നബ്സൊല്ലാഹു അലി വസ്ല്ലം മാത്രമല്ല അവിടുന്ന് ജനിച്ചതിന്റെ ഏഴാമത്തെ ദിവസം പൊതുവേ അറബികൾ ചെയ്യാറുണ്ടായിരുന്നതുപോലെ റസൂറുള്ളയെ ഹിജാൻ ചെയ്തത് അബ്ദുൽ മുത്തലിബാണ് എന്ന് ചരിത്രത്തിലെ ചില സംഭവങ്ങളിൽ വരികയും ചെയ്തിട്ടുണ്ട് അബ്ദുൽ മുഖ്ലിബാണ് നബ്സൊല്ലാ അലി വസല്ലമ്മയുടെ ചേലാകർമ്മം നിർവഹിച്ചത് ഏഴാമത്തെ ദിവസം ജനിച്ച ഏഴാമത്തെ ദിവസം എന്ന് പിന്നെ ചരിത്രരേഖകളിൽ ചിലതിൽ വരികയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല മുത്തൈം റഹിമൊഹ അദ്ദേഹം പറഞ്ഞതായി കാണാം ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിൽ കുട്ടി ജനിക്കുക മറ്റു പലർക്കും സംഭവിക്കാറുള്ള കാര്യമാണ് അതിന് ബുസാഹു അലിഹ് വസ്ലമക്ക് മാത്രം പറയപ്പെടാവുന്ന ഒരു പ്രത്യേകതയല്ല ഒന്ന് രണ്ട് ചില കർമ്മം ചെയ്യപ്പെട്ട രൂപത്തിൽ ജനിക്കുക എന്നത് ചില ആളുകളുടെ അടുക്കൽ ഐബാണ് ഒരു ന്യൂനതയാണ് അങ്ങനെ ജനിക്കാന്നുള്ളത് അതുകൊണ്ട് തന്നെ നബിസള്ളാഹു വസ്ലം അങ്ങനെ ജനിച്ചു എന്ന് പറയുന്നതിൽ റസൂളുള്ളയെ പുകഴ്ത്തുക എന്നത് ഇല്ല അത് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ശരി നബിസാഹു അലൈഹി വസ്ല്ലം അവിടുത്തേക്ക് അബ്ദുൽ മുത്തലിബിട്ട പേര് മുഹമ്മദ് എന്നാണ് മൊഹമ്മദ് പേര് അന്ന് അറബികൾ പൊതുവെ ഉപയോഗിക്കാറുള്ള പേരല്ലായിരുന്നു പൊതുവെ അറബികൾക്കിടയിൽ മുഹമ്മദ് എന്ന പേര് ഉണ്ടായിരുന്നില്ല അസ്കലാൻ റഹിമഅള്ളദ്ദേഹത്തിനൊരു ചെറിയ കിതാബ് ഉണ്ട് ആ കിതാബിൽ അദ്ദേഹം നബിസുലഹു അലഹി വസ്ല്ലാം ജനിക്കുന്ന കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ ആകെ മുഹമ്മദ് എന്ന് പേരുള്ള പതിനഞ്ച് ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് എന്ന് സ്ഥാപിച്ചതായി കാണാൻ സാധിക്കും അന്ന് അറബികൾക്കിടയിൽ ആകെ മുഹമ്മദ് എന്ന് പേരുള്ള എത്ര ആളുണ്ട് പതിനഞ്ചാൾക്കാര് ആ പതിനഞ്ച് ആളുകളും മുഹമ്മദ് എന്ന പേര് ഇടാനുള്ള കാരണമാകട്ടെ യഹൂദനും നസറാനികളും ഒരു നബി വരാനുണ്ട് ആ നബിയുടെ പേര് മുഹമ്മദാണ് എന്ന് പറയുന്നത് അവർ കേട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ മോനങ്ങാൽ നബി ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന നിലക്കാണ് ഈ പതിനഞ്ച് ആൾക്കാരെ പേരിട്ടത് അതല്ലാതെ റസൂർ ഹിസ്വല്ലാസലമ ജനിക്കുന്ന കാലഘട്ടത്തിൽ മുഹമ്മദ് എന്ന പേര് പൊതുവെ അറബികൾക്ക് പരിചയമില്ല അതുകൊണ്ടാണ് ചില സംഭവങ്ങളിൽ കാണാം അബ്ദുൾ മുത്തലിബ് മുഹമ്മദ് എന്ന് പേരിട്ടപ്പോൾ ചില ആളുകൾ അബ്ദുൾ മുത്താലിബിനോട് ചോദിച്ചത് എന്തിനാണ് നിങ്ങൾ ഈ പേരിട്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് എന്നാൽ അതിന്റെ അർത്ഥം എന്താണ് ധാരാളമായി പുകഴ്ത്തപ്പെടുന്നവൻ ധാരാളമായി സ്തുതിക്കപ്പെടുന്നവൻ അദ്ദേഹം പറഞ്ഞു ഇവൻ ജനങ്ങൾക്കിടയിൽ അങ്ങേയറ്റം പുകഴ്ത്തപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ് ഞാൻ മുഹമ്മദിനെ പേരിട്ടത് പിന്നീട് അത് സത്യമായി അള്ളാഹു സുഹാനഹു ആനയുടെ കവാ അതിനോജിച്ചു ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെട്ട ചരിത്രത്തിൽ ഇത്രയധികം ഉയർച്ചയും പ്രശസ്തിയും നൽകപ്പെട്ട മറ്റൊരു വ്യക്തിത്വമില്ല സാഹു അലിഹു സലമയുടെ പേർ പോലെ അവിടുന്ന് ജനിച്ചത് എത്തിയുമായാ വളർന്നത് എത്തിയുമായാടത്തെ ആരംഭിച്ചത് എതിർപ്പുകൾക്കിടയിൽ നിന്നാണ് അവിടുത്തെ പ്രബോധനത്തിന്റെ തുടക്കത്തിൽ അവിടുന്ന് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട ആളാണ് പക്ഷെ നോക്കൂ നിങ്ങൾ മക്കയിൽ കുഴിച്ചു മൂടാൻ അവർ ശ്രമിച്ച ആദർശം ഇന്ന് ഏത് നാട്ടിലാണ് ഇല്ലാത്തത് ഏത് മണ്ണാണ് അഷുഹമ്മദ് റസൂൾ എന്ന പേര് കേൾക്കാത്തതായുള്ളത് ഭൂമിയിലെ ഏതു ഭാഗമാണ് അഷദദ് അന്ന് മുഹമ്മദ് റസൂൾ എന്ന വിളിയാളം എത്താത്തതായുള്ളത് ഭൂമിയിൽ ആരാണ് മുഹമ്മദ് എന്ന നബിയെ കുറിച്ച് കേൾക്കാത്തതായുള്ളത് നിനക്കുള്ള പേര് നിന്നെ ഓർമ്മ അത് നാം ഉയർത്തി നൽകിയിരിക്കുന്നു സുബാൻ ചരിത്രത്തിൽ ഇതുപോലെ മറ്റൊരാളില്ല നബിസൊല്ലാഹു അലഹി വസല്ലമയെ പോലെ അവിടുത്തെ പോലെ സ്നേഹിക്കപ്പെട്ട അവിടത്തെ പോലെ ആദരിക്കപ്പെട്ട മറ്റൊരു വ്യക്തിത്വവും ഇല്ല ആ പേര് തീർത്തും അന്വർത്ഥമാവുന്ന രൂപത്തിലാണ് നബിസൊല്ലാഹു അലേഹി വസ്ല്ല ചരിത്രം പിന്നീട് ഉണ്ടായത് ശരി നബിസൊല്ലാഹു അലഹി വസല്ലം അവിടുത്തെ പേരുകളിൽ ഏറ്റവും പ്രസിദ്ധമായ പേരാണ് മുഹമ്മദ് എന്ന പേര് അതിന്റെ അർത്ഥം ഞാൻ ഈ പറഞ്ഞതുപോലെ ധാരാളമായി പ്രശംസിക്കപ്പെടുന്നവനെന്നാണ് മറ്റർത്ഥങ്ങളും പറയപ്പെട്ടിട്ടുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു അവരിലെ അവർക്ക് ചെയ്യാവുന്ന ഇബാദത്തുകളിൽ ഏറ്റവും മഹത്തരമായ അബാദത്ത് ഹന്ത നമുക്ക് ചെയ്യാവുന്ന ഇബാദത്തുകളിൽ ഏറ്റവും മഹത്തരമായ വിഖർ ഹന്ത അല്ല നമ്മുടെ ഉമ്മത്ത് ഹന്ദിന്റെ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറയപ്പെട്ട നമ്മുടെ ഉമ്മത്തിന്റെ പേരെന്താണ് നിങ്ങൾക്കറിയുമോ പരലോകത്ത് നമ്മുടെ ഉമ്മത്തിന്റെ പേര് ഹംമാദൂൻ എന്നാണ് ഹംതിന്റെ ആളുകൾ എന്നാണ് നമ്മുടെ പേര് നമ്മുടെ നബി മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് പരലോകത്ത് ഉയർത്തിപ്പിടിക്കുന്ന കൊടിയുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയുമോ ലിവാ ഉൽഹം എന്നാണ് ഹംതിന്റെ കൊടി ഹംദിന്റെ പതാക നമ്മുടെ ഖുർആൻ അത് ആരംഭിച്ചത് ഏത് സൂറത്ത് കൊണ്ടാണ് സൂറത്ത് ഉൽഹാണ് അൽഹറബിൾ എന്നതുകൊണ്ടാണ് നമ്മുടെ ഖുർആൻ ആരംഭിച്ചത് നമ്മുടെ അതിന്റെ റസൂൽ മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം അവിടത്തേക്ക് നാളെ പരലോകത്ത് നൽകപ്പെടുന്ന സ്ഥാനം അതിന്റെ പേരെന്താണ് അള്ളാഹു പറഞ്ഞു നിന്റെ റബ്ബു നിനക്ക് മെഹ്മൂദായ സ്ഥാനം നൽകിയേക്കാം മഹ്മൂദ് എന്നത് ഹംദ എന്ന പദത്തിൽ നിന്ന് വന്നതാണ് അപ്പോൾ Of ീ ഉമ്മത്ത് പ്രത്യേകമായി വർദ്ധിപ്പിക്കപ്പെട്ട ഉമ്മറ്റാണ് നമ്മൾക്ക് ഭക്ഷണം കഴിച്ചാൽ ഹംദ്ണ്ട് വെള്ളം കുടിച്ചാൽ ഹംദ്ണ്ട് എത്ര സന്ദർഭത്തിലാണ് ഹംദ് ഉള്ളത് നമു സാഹുഅലൈ വസ്സലാമെ കുറിച്ച് സഹാബികൾ പറഞ്ഞു അവിടുത്തേക്ക് ഒരു നല്ല കാര്യമുണ്ടായാൽ അവിടുന്ന് പറയും അൽഹ അല്ലെ അവിടത്തേക്ക് ഒരു പ്രയാസമുള്ള കാര്യമുണ്ടായാൽ അവിടുന്ന് പറയും അൽഹ എന്നത് ഈ ഉമ്മത്തിന്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പ്രത്യേകതകളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലാഹുഅലി വസ്ല്ലം അവിടുത്തെ പേര് അത് ഈ ഉമ്മത്തിന്റെ കാര്യത്തിലും കൃത്യമാണ് അതുകൊണ്ട് സഹോദര നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ദിഖറുകളിൽ ഏറ്റവും മഹത്തരമായ ദിഖറാണ് ഹംദ് അള്ളാഹുനെ ഹംദ് പറയുക അള്ളാഹുവിനെ ഹംദ് നമ്മൾ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അള്ളാഹു സുഹാന വർദ്ധിപ്പിച്ചു നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല എങ്ങനെയാണ് അള്ളാഹുവിനെ ഹംദ് വർദ്ധിപ്പിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് അവനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് അവനെ പുകഴ്ത്തുക അള്ളഹിനെ പഠിക്കുക അപ്പോഴാണ് ഹംദ് വർദ്ധിക്കുള്ളൂ ശരിയായ ഹംദ് വർദ്ധിക്കണമെങ്കിൽ അള്ളഹാനെ കുറിച്ച് നന്നായി പഠിക്കണം തയ്യം നബ്സുള്ളാഹു അലി ഹുസല്ലമ്മയുടെ പേരുകളിൽ ഏറ്റവും പ്രസിദ്ധമായ പേരാണ് മുഹമ്മദ് അവിടുത്ത് അവിടുത്തേക്ക് മറ്റനേകം പേരുകളുണ്ട് അതിൽ പെട്ടതാണ് രണ്ടാമത്തെ പേരേതാണ് ഏറ്റവും പ്രസിദ്ധമായ രണ്ടാമത്തെ പേര് അഹ്മദ് എന്ന പേരാണ് അഹ്മദ് അഹമ്മദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഹന്ത് പറയുന്നവൻ എന്ന അർത്ഥമാണ് അഹമ്മദ് ഏറ്റവും കൂടുതൽ അള്ളാഹു സുഹാനഹു ഹന്ത് പറയുന്നവൻ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ആരാണ് മഹമ്മദ് അതുകൊണ്ടാണ് അറസ്ലാം പറഞ്ഞതായി കാണാം അവിടുന്ന് ഷെഫാത്ത് പറയുന്നതിനു വേണ്ടി സൃഷ്ടികൾക്ക് ശുപാർശ പറയുന്നതിനു വേണ്ടി പരലോകത്ത് അള്ളാഹുവിന്റെ മുൻപിൽ വീണാൽ അള്ളാഹു സുഹാന ഒരാൾക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത ഹംദിന്റെ വാക്കുകൾ റസൂള പഠിപ്പിച്ചു കൊടുക്കും സല്ലാഹു അലി വസ്ല്ലാം അപ്പോൾ അവിടുത്തെ പേരുകളിൽ ഒന്നാണ് അഹമ്മദ് മുഹമ്മദ് അഹമ്മദ് അതുപോലെ തന്നെ സല്ല അള്ളാഹു അലി വസ്ല്ലമയുടെ മറ്റൊരു പേരാണ് അൽമഹി എന്താണ് തുടർ ഞാൻ തുടച്ചു നീക്കുന്നവനാണ് എന്നെ കൊണ്ട് അള്ളാഹുഹുർക്ക് തുടച്ചു നീക്കും പണ്ഡിതന്മാർ പറഞ്ഞു പ്രബോധനം കൊണ്ട് തകർന്നിട്ടില്ല അള്ളാഹു അല്ലാത്തവർക്കുള്ള അൽബാദത്ത് എന്നത് റസൂടെ ദാവത്ത് കൊണ്ട് തകർന്ന എത്ര മറ്റൊരാളുടെയും പ്രബോധനം കൊണ്ട് തകർന്നിട്ടില്ല അല്ലുൽ അറബ് അറബ് ഉപദ്വീപ് അവിടെ നിന്ന് ഏതാണ്ട് മുഴുവനായും നബ്സൊല്ലാഹു അലൈഹ് വസല്ലമയുടെ പ്രബോധനം കൊണ്ട് എടുത്തു നീക്കപ്പെട്ടു വളരെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തുകയാണ് ഷിർക്ക് പൂർണമായും മക്കയിൽ നിന്നും മദീനയിൽ നിന്നും ഇല്ല അത് പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടു അതുപോലെ നബ്സൊല്ലാഹു അലൈഹു വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിലും കാലഘട്ടത്തിലും ഷിർക്ക് എന്നത് ഏറ്റവും വലിയ ഏറ്റവും അപമാനിതമായ കാര്യം ഷിർക്കായിരുന്നു സുഹാൻ ഏറ്റവും മോശമായ കാര്യം ശിർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആ സമൂഹത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യം ഷിർക്കായിരുന്നു ആ രൂപത്തിൽ അള്ളാഹു സുബാന നമ്മുടെ റസൂൽ സാഹു അലിഹു വസ്ലമെ കൊണ്ട് ഷിർക്കിനെ തുടച്ചു നീക്കി അതുപോലെ റസൂൾ മറ്റൊരു പേരാണ് അൽ ഹാഷിർ അൽ ഹാഷ്യർ ഹാഷിർ എന്ന പേര് ഹഷിർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചു കൂട്ടുന്നവൻ ഞാനാകുന്നു ഹാഷ്യർമി ജനങ്ങൾ എന്റെ പിന്നിലാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക റസൂള്ള ആയിരിക്കും മുൻപിലുണ്ടായിരിക്കുക മാത്രമല്ല വസ്ല്ലം അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളം ഏതാണ് റസോള്ളയുടെ നിയോഗമനമാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു വസ്ലമ വന്നു എന്നത് അന്ത്യനാളിന്റെ ഒന്നാമത്തെ അടയാളാണ് ഏറ്റവും ആദ്യത്തെ അടയാളാണ് കാരണം എന്താ ഇനി വേറെ നബിയില്ല ഇനി വേറെ ഉമ്മത്തില്ല അവസാനത്തെ ഉമ്മത്താൻ അവസാനത്തെ നബിയാൻ ഇനി വേറെ നബി വരാനില്ല അപ്പൊ റസോൾയുടെ പേരുകളിൽ ഒന്നാണ് അൽ ഹാഷിയർ അതുപോലെ തന്നെ നബിസ്ലമ മറ്റൊരു പേരെന്താണ് അൽക്കിബ് എന്താണ് അൽക്കിബ് ആകിബ് എന്നത് റസൂൽ അള്ളാഹിഹു അലിഹുസ്മയുടെ മറ്റൊരു പേരാണ് ആകിബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ നബി എന്നാണ് അർത്ഥം നബിമാറിൽ അന്തിമനായ ആണ് എന്നർത്ഥമാണ് ആകിബിനുള്ളത് അതുപോലെ തന്നെ റസൂൾ അള്ളാഹ് ഇസ്വലയുടെ പേരുകളിലൊന്നാണ് അൽ മുഖി അൽ മുഖഫി ഒക്കെ കാണാതെ പഠിക്കേണ്ടതാണ് നമ്മുടെ റസൂളിന്റെ പേരുകളാണ് അൽ മുഖഫി അൽ മുഖഫി എന്ന് പറഞ്ഞാൽ മുൻപ് കഴിഞ്ഞ നബിമാരെ പിന്തുടരുന്നവൻ അവരുടെ കാൽപ്പാടുകളെ പിൻപറ്റുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം അൽ മുഖഫി അതുപോലെ തന്നെ നബ്സൊല്ലാഹു അലി വസ്ലമയുടെ മറ്റൊരു പേരാണ് ലോകർക്കെല്ലാം കൊണ്ടല്ലാതെ അള്ളാഹു അങ്ങനെ നാം നിയോഗിച്ചിട്ടില്ല അപ്പോൾ നബ്ഹു അലി വസ്ല്ലം റഹ്മിന്റെ നബിയാണ് ഇതൊക്കെ റസൂൽ അലഹി വസ്ല്ലമയുടെ പേരുകളിൽ പെട്ടതാണ് ശരി അവിടുത്തെ കുഞ്ഞിയത്ത് എന്തായിരുന്നു നബ്ഹു അലി വസ്സല്ലത്ത് അബുൽ ഖാസിം എന്നായിരുന്നു അബുൾ ഖാസിം കാരണം റസൂൽ ആദ്യത്തെ മകൻ പാസിമാൻ അവിടത്തേക്ക് ജനിച്ച ആദ്യത്തെ ആൺകുട്ടി പാസിമാൻ അബുൽ ഖാസിം എന്നതിൽ അബിസാഹു അലി വസല്ലമ്മയുടെ കുഞ്ഞത്തായിരുന്നു റസൂൽ പറഞ്ഞതായി കാണാം